ം എട്ട് ആറാം ആണ്ട് ആറാം മാസം അഞ്ചാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദ മൂപ്പന്മാർ എന്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിന്റെ കൈ എന്റെ മേൽ വന്നു അപ്പോൾ ഞാൻ മനുഷ്യ ഒരു രൂപം കണ്ടു അവന്റെ അരം മുതൽ കീഴോട്ട് തീ പോലെയും അരമുതൽ മേലോട്ട് ശുക്ലസ്വർണത്തിന്റെ പ്രഭപോലെയും ആയിരുന്നു അവൻ കൈപോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്കെ പിടിച്ചു ആത്മാവെന്നെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യെ ഉയർത്തി ദിവ്യദർശനങ്ങളിൽ എരുഷലേമിൽ വടക്കോട്ടുള്ള അകത്തേ വാതുക്കൽ കൊണ്ടുചെന്നു അവിടെ തീക്ഷ്ണത ജനിപ്പിക്കുന്ന ീഷ്ണതാബിംബത്തിന്റെ ഇരിപ്പിടം ഉണ്ടായിരുന്നു അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രയേലിന്റെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു അവൻ എന്നോട് മനുഷ്യപുത്ര തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി യാഗപീഠത്തിന്റെ വാതിലിന് വടക്കോട്ട് പ്രവേശനത്തിങ്കൽ തന്നെ ആ തീഷ്ണതാ ബിംബത്തെ കണ്ടു അവൻ എന്നോട് മനുഷ്യപുത്ര അവർ ചെയ്യുന്നത് ഞാൻ എന്റെ വിശുദ്ധ മന്ദിരം വിട്ടുപോകേണ്ടതിന് ഇസ്രയേൽ ഗ്രഹം ഇവിടെ ചെയ്യുന്ന മഹാമേക്ഷതകൾ തന്നെ നീ കാണുന്നുവോ ഇതിലും വലിയ മ്ളേച്ഛതകളെ നീ കാണും എന്ന് അരുളി ചെയ്തു അവനെന്നെ പ്രാകാരത്തിന്റെ വാതുക്കൽ കൊണ്ടുപോയി ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദ്വാരം കണ്ടു അവനെന്നോട് മനുഷ്യപുത്ര ചുവർ കുത്തിരക്കുക എന്നു പറഞ്ഞു ഞാൻ ചുവർ കുത്തിരന്നാറെ ഒരു വാതിൽ കണ്ടു അവനെന്നോട് അകത്തു ചെന്ന് അവർ ഇവിടെ ചെയ്യുന്ന വല്ലാത്ത മിളച്ഛതകളെ നോക്കുക എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ അകത്തുചെന്നു വെറുപ്പായുള്ള ഓരോ തരം ഇഴജാതികളെയും മൃഗങ്ങളെയും ഇസ്രയേൽ ഗ്രഹത്തിന്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് കണ്ടു അവയുടെ മുമ്പിൽ ഇസ്രയേൽ ഗ്രഹത്തിന്റെ മൂപ്പന്മാരിൽ എഴുപത്തുപേരും ഷാഫാന്റെ മകനായ യസന്യാവ് അവരുടെ നടുവിലും ഓരോരുത്തൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിന്നു ധൂപമേഘത്തിന്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ അവൻ എന്നോട് മനുഷ്യപുത്ര ഇസ്രയേൽ ഗ്രഹത്തിന്റെ മൂപ്പന്മാർ ഇരുട്ടത്ത് ഓരോരുത്തൻ താൻ താൻറെ ബിംബങ്ങളുടെ അറകളിൽ ചെയ്യുന്നത് നീ കാണുന്നുവോ യഹോവ നമ്മെ കാണുന്നില്ല യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു എന്ന് അവർ പറയുന്നു എന്നരുളി ചെയ്തു അവർ ഇതിലും വലിയ മ്ലേച്ഛതകളെ ചെയ്യുന്നത് നീ കാണുമെന്നും അവനെന്നോട് അരുളി ചെയ്തു അവൻ എന്നെ യഹോവയുടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിലിന്റെ പ്രവേശനത്തിങ്കൽ കൊണ്ടുപോയി അവിടെ സ്ത്രീകൾ തമ്മൂസിനെ കുറിച്ച് കരഞ്ഞും കൊണ്ട് ഞാൻ കണ്ടു അവനെന്നോട് മനുഷ്യപുത്ര നീ കാണുന്നുവോ ഇതിലും വലിയ മ്ലേക്ഷതകളെ ഇനിയും കാണും എന്ന് അരുളിച്ചെയ്തു അവനെന്നെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിന്റെ വാതുക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവെ ഏകദേശം ഇരുപത്തഞ്ച് പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവിയുടെ മന്ദിരത്തിന്റെ നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു അവർ കിഴക്കോട്ടും നോക്കി സൂര്യനെ നമസ്കരിക്കയായിരുന്നു അപ്പോൾ അവൻ എന്നോട് മനുഷ്യപുത്ര നീ കാണുന്നുവോ യഹൂദഗ്രഹം ഇവിടെ ചെയ്യുന്ന മ്ളെച്ചതകൾ പോരാഞ്ഞിട്ടോ അവർ അധികമധികം കോപിപ്പിപ്പാൻ ദേശത്തെ സാഹസം കൊണ്ട് നിറയ്ക്കുന്നത് കണ്ടില്ലേ അവർ ചുള്ളി മൂക്കിന് തൊടുവിക്കുന്നത് ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും എന്റെ കണ്ണ് ആദരിക്കയില്ല ഞാൻ കരുണ കാണിക്കുകയുമില്ല അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കയില്ല എന്ന് അരുളിച്ചെയ്തു